അധ്യായം ഇരുപത്തി മൂന്ന് അനന്തരം ബലയാം ബാലാക്കിനോട് ഇവിടെ എനിക്ക് ഏഴ് യാഗപീഠം പണിത് ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക പറഞ്ഞു ബലയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു ബാലാക്കും ബലയാമും ഓരോ പീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു പിന്നെ ബലയാം ബാലാക്കിനോട് നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പക്ഷേ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും അവൻ എന്നെ ദർശിപ്പിക്കുന്നത് ഞാൻ നിന്നോടറിയിക്കും എന്നു പറഞ്ഞ് കുന്നിൻമേൽ കയറി ദൈവം ബലയാമിന് പ്രത്യക്ഷനായി ബലയാം അവനോട് ഞാൻ ീഠമൊരുക്കി ഓരോ പീഠത്തിന്മേൽ ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാറേ ഹോവാ ഒരു വചനം ബലയാമിന്റെ നാവിന്മേൽ ആക്കിക്കൊടുത്തു നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു ഇപ്രകാരം പറയണം എന്ന് കൽപ്പിച്ചു അവനവന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു അവനും മോവാബ്യ പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് ബാലാക് എന്നെ അമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ പർവ്വതങ്ങളിൽ നിന്നും വരുത്തിയി ചെന്ന് യാക്കോബിനെ ശപിക്കാം ചെന്ന് ഇസ്രയേലിനെ പ്രാഗുക എന്നു പറഞ്ഞു ദൈവം ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും യഹോവ ാത്തവനെ ഞാനെങ്ങനെ പ്രാകും ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാനവനെ കാണുന്നു ഗിരികളിൽ നിന്ന് ഞാനവനെ ദർശിക്കുന്നു ഇതാ തനിച്ചുപാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണ ഇസ്രയേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം ഭക്തന്മാർ മരിക്കുംപോലെ ഞാൻ മരിക്കട്ടെ എന്റെ അവസാനം അവന്റെതുപോലെ ആകട്ടെ ബാല ബലയാമിനോട് നീ എന്നോട് ഈ ചെയ്തത് എന്ത് എന്റെ ശത്രുക്കളെ ഞാൻ നിന്നെ വരുത്തിയത് നീയോ അവരെ അനുഗ്രഹിക്കുകയത്ര ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ യഹോവ എന്റെ നാവിന്മേൽ തന്നത് പറവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടയോ എന്നുത്തരം പറഞ്ഞു ബാലക്കവനോട് നീ അവരെ മറ്റൊരു സ്ഥലത്തുനിന്ന് കാണേണ്ടതിന് എന്നോടുകൂടെ വരിക എന്നാൽ അവരുടെ ഒരറ്റം മാത്രമല്ലാതെ എല്ലാവരെയും കാണുകയില്ല അവിടെ നിന്ന് അവരെ ശപിക്കണം എന്നു പറഞ്ഞു ഇങ്ങനെ അവൻ പിസ്ഗ കൊടുമുടിയിൽ സോഫീം എന്ന മുകൾ പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി ഏഴു യാഗപീഠം പണിത് ഓരോ പീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു പിന്നെ അവൻ ബാലാക്കിനോട് ഇവിടെ നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്കാക ഞാൻ അങ്ങോട്ട് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു യഹോവാ ബിലയാമിന് പ്രത്യക്ഷനായി അവന്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തുവിട്ടു ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചൊന്ന് ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു അവൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാഭ്യ പ്രഭുക്കന്മാരോടു കൂടെ തന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ അപ്പോൾ ബാലാക്ക് അവനോട് യഹോവാ എന്തരുളി ചെയ്തു എന്ന് ചോദിച്ചു അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് ബാലാക്കേ എഴുന്നേറ്റ് കേൾക്ക സിപ്പോരിന്റെ പുത്ര എനിക്ക് ചെവി തരിക വ്യാജം ദൈവം മനുഷ്യനല്ല അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എനിക്കത് മറിച്ചുകൂടാ യാക്കോബിൽ തിന്മാ കാൺമാനില്ല ഇസ്രയേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട് ദൈവം അവരെ നിന്ന് കൊണ്ടുവരുന്നു കാട്ടുപോത്തിന് തുല്യമായ ബലമലം അവനുണ്ട് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രയേലിനോട് ഫലിക്കുകയുമില്ല ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും ദൈവമെന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നെ പറയാവൂ ഇത ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു പോലെ തെളിഞ്ഞു നിൽക്കുന്നു അവൻ ഇത പിടിച്ച് തിന്നാതെയും രക്തം കുടിക്കാതെയും കിടക്കയില്ല അപ്പോൾ ബാല ബിലയാമിനോട് അവരെ ശപിക്കുകയും വേണ്ട അനുഗ്രഹിക്കുകയും വേണ്ട എന്നു പറഞ്ഞു ബിലയാം ബാലാക്കിനോട് യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്നു തരം പറഞ്ഞു ബാലാക് ബിലയാമിനോട് വരിക ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും അവിടെ നിന്ന് നീ എനിക്കു വേണ്ടി അവരെ ശവിപ്പാൻ ദൈവത്തിന് സമ്മതമാകും എന്നു പറഞ്ഞു അങ്ങനെ ബാലാ ബിലയാമിനെ മരുഭൂമിക്കെതിരെയുള്ള പെയോർമലയുടെ മുകളിൽ കൊണ്ടുപോയി ബിലയാം ബാലാക്കിനോട് ഇവിടെ എനിക്ക് ഏഴ് യാഗപീഠം പണിത് ഏഴ് കാളയെയും ആട് ആട്ടുകൊറ്റനേയും ഒരുക്കി നിർത്തുക എന്നു പറഞ്ഞു ബലയാം പറഞ്ഞതുപോലെ ബാലാക്കു ചെയ്തു ഓരോ യാഗപീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു